aha huh? ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് അമ്മയെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ഈശാവാസ്യ ഉപനിഷത്ത് അതാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൻ്റെ ആരംഭിക്കാം ബ്രഹ്മസൂത്രം പഞ്ചദശി പൂർത്തിയായിട്ടില്ല അത് തുടരണ്ട എന്നാണ് താല്പര്യം അതുകൊണ്ട് അതിനൊഴിവാക്കിയിട്ട് ഉപനിഷത്തിലേക്ക് വന്നുശത്തിൽ ശോപനിഷത്തുകളാണ് പ്രസിദ്ധമായിട്ടുള്ളത് അതില് സാധാരണ ഉപനിഷത്തുകൾ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്ന ഈശാവാസി ഉപനിഷത്ത് വേദങ്ങളുടെ ഭാഗമാണ് ഉപനിഷത്ത് അതിനെ സംബന്ധിച്ചുള്ള സാമാന്യ കാര്യങ്ങളാണ് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാലും ഞാനതൊന്ന് സൂചിപ്പിക്കുകയാണ് ഉപനിഷത്ത് വേദങ്ങളുടെ ഭാഗമാണ് വേദങ്ങള് പ്രധാനമായിട്ട് രണ്ട് ഭാഗമായിരിക്കുന്നു ഒന്ന് കർമ്മകാന്ഡം അല്ലെങ്കിൽ പൂർവകാന്ഡം മറ്റൊന്ന് ജ്ഞാനകാന്ഡം അല്ലെങ്കിൽ ഉത്തരകാന്ഡം ഉത്തരകാണ്ഡത്തിന്റെ മറ്റൊരു പേരാണ് വേദാന്തം വേദത്തിന്റെ അന്തം അന്തം എന്ന് പറയുമ്പോൾ വേദത്തില് ഓരോ ഭാഗങ്ങളിലെയും അവസാനമായി വരുന്നത് എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം യജുർവേദം യജുർവേദം നോക്കിക്കഴിഞ്ഞാൽ ആ വേദത്തിന്റെ ശരിക്കും ക്രമമനുസരിച്ച് നോക്കിയാലും അവസാന ഭാഗത്താണ് വരുന്നത് ഈശാവാസി പുരുഷ ശുക്ല യജുർവേദത്തിൽ അവസാന ഭാഗത്ത് വേദത്തിൽ ഉപനിഷത്തിന്റെ പാഠങ്ങൾ ഈശാവാസി ഉപനിഷത്ത് രണ്ട് പാഠങ്ങളുണ്ട് മാധ്യന്തിന്റെ ശാഖയിലും കാണുശാഖയും രണ്ട് ശാഖകളിൽ പെട്ട ഉപനിഷത്തുകൾക്കും ഭാഷ്യങ്ങളും ഉണ്ട് രണ്ടുപൻഷത്തുകൾക്കും രണ്ടിന്റെയും പേര് ഈശാവാസ്യ ഉപനിഷത്വം എന്നാണ് മാധ്യത്തിന് ശാഖേനയും കാണുന്ന സാഖേ ആ രണ്ട് ഈശാവാസ്യപൻഷത്തുകൾക്കും അതിന്റെ രൂപത്തിന് വ്യത്യാസമില്ല ഒരുപോലെ തന്നെ അല്പം ചില വ്യത്യാസങ്ങളും എന്നാൽ നമ്മളിവിടെ ഇപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന ഉപനിഷത്ത് ഈ ഉപനിഷത്തിനാണ് ഏറ്റവും കൂടുതൽ പാഷ്യങ്ങൾ വളരെയധികം ഭാഷ്യം അതിൻ്റെ വ്യാഖ്യാനങ്ങൾ എന്നാൽ കൂടുതൽ ഇതിനാണ് എഴുതിയിട്ടുള്ളത് ഭാഷ്യത്തിന് തന്നെ അനേകം വ്യാഖ്യാനങ്ങൾ ഭാഷ്യത്തെ പോലെ തന്നെ സ്വതന്ത്രമായ ഉപനിഷ് വ്യാഖ്യാനങ്ങൾ ധാരാളം ഇതിനുണ്ടായിട്ടുണ്ട് അത് പ്രാചീനവും ആധുനികവുമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ധാരാളമുണ്ട് ഇത് നാൽപ്പതാമത്തെ ശുക്ല യജുർവേദത്തിൽ നോക്കുമ്പോ നാല്പതാമത്തെ അധ്യായത്തിൽ വരും അവന് വരുന്ന അവന് മുമ്പ് വരുന്ന മുപ്പത്തൊമ്പത് അധ്യായങ്ങളിലും കർമ്മങ്ങളെ കുറിച്ചും പറയുന്നത് കർമ്മങ്ങളെയും ഉപാസനകളെയും കുറിച്ച് പറഞ്ഞതിന് ശേഷം നാൽപ്പതാമത്തെ അധ്യായത്തിൽ അവസാനമായിട്ട് യജുർവേദം നമ്മൾ ലൈബ്രറിയിൽ നിന്നെടുത്ത് നോക്കണം അവസാന ഭാഗത്ത് വന്നു അതുകൊണ്ട് തന്നെയാണ് വേദാന്തം എന്ന് പറയാം വേദത്തിന്റെ അവസാന ഭാഗത്ത് വന്നു അറിവിന്റെ അന്ത്യമാണ് അവസാന ഭാഗം എന്നുള്ള അർത്ഥത്തിനും വേദാന്തം എന്ന് പറയും വേദംന്ന് വെച്ചാൽ അറിവ് വിധജ്ഞാനെ എന്ന് പറയുന്ന ധാതു അതിൽ നിന്നാണ് വേദം എന്നതിന് ശബ്ദം ഉണ്ടാകുന്നത് അപ്പൊ അറിവെന്ന് അതിനർത്ഥമുണ്ട് അപ്പൊ അറിവിന്റെ അവസാനം എന്ന് വെച്ചാൽ അറിവിന്റെ ചരമമായ സീമ ഈശ്വരീയമായ അറിവാണ് അറിവുടെ എല്ലാം അവസാനം ആർത്ഥത്തിനും വേദാന്തം എന്ന് പറയാം ദാർശനികമായ ചർച്ചകൾ പ്രധാനമായും ഈ വേദാന്ത ഭാഗത്തെ വേദത്തിലെ വേദാന്ത ഭാഗത്തെ ആശ്രയിച്ചാണ് നടക്കുന്നത് പ്രധാനമായും പറയുന്നത് കർമ്മകാന്ഡത്തെ ആശ്രയിച്ചുകൊണ്ട് ദാർശനിക ചർച്ച അതിനാണ് പൂർവമീമാംസ എന്ന് പറയുന്നത് പൂർവ്വകാന്ഡത്തെ വേദത്തിന്റെ പൂർവ്വകാന്ഡത്തെ അവലംബമാക്കിയുള്ള ചർച്ചകൾ അതൊരു നിയദർശനമാണ് പൂർവമീമാംസ കർമ്മകാന്ഡം ജൈവനീയ ശാസ്ത്രം എന്നെല്ലാം പറയുന്നു പക്ഷെ കൂടുതലും ഉത്തരഭാഗത്തെ ആശ്രയിച്ചിട്ടാണ് കൂടുതൽ ചർച്ചകളും നടക്കുന്നത് പൂർവ്വഭാഗത്തെ ആശ്രയിച്ച് നടക്കുന്ന ചർച്ചകളിൽ അവിടെ കർമ്മത്തിനാണ് പ്രാധാന്യം ഉത്തരകാണ്ഡത്തെ ആശ്രയിച്ചു കിടക്കുന്ന ചർച്ചകളിൽ ആത്മതത്വത്തിനാണ് പ്രാധാന്യം അത് രണ്ടും തമ്മിലെ വ്യത്യാസം ജൈമിനീയ മീമാംസയുടെ അടിസ്ഥാനത്തിൽ തിനെ തുടർന്ന് വരുന്ന ധാരാളം ഗ്രന്ഥങ്ങളും ധാരാളം എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട് അനേക വിദ്വാന്മാരും അവിടെയെല്ലാം കർമ്മത്തിന് പ്രാധാന്യം വൈദിക കർമ്മങ്ങൾ എങ്ങനെ അനുഷ്ഠിക്കണം അതിന്റെ രീതികൾ അതിനെ തുടർന്ന് വലിയൊരു ശാസ്ത്രം തന്നെയുണ്ട് സ്മൃതികള് കല്പസൂത്രങ്ങള് ശിക്ഷ ഗ്രന്ഥങ്ങള് നിരുത്തം തുടങ്ങിയ ഗ്രന്ഥങ്ങളെല്ലാം പ്രധാനമായിട്ടും പൂർവകാന്ഡത്തെ ആശ്രയിച്ചുള്ള ചർച്ചകളാണ് അതിൽ വരുന്നത് കല്പസൂത്രങ്ങൾ എങ്ങനെ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം അതിന്റെ ക്രമങ്ങൾ ഏത് സമയം ഏത് കർമ്മം ചെയ്യണം ആര് ചെയ്യണം അതിന്റെ അധികാരി ആരാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഭാഷാശാസ്ത്രത്തെ കുറിച്ച് പറയുന്ന ഛന്തസ് ശാസ്ത്രം ഛന്തസ് അനുഷ്ഠി ദൃഷ്ടി ഉഷ്ണയ്ക്ക് തുടങ്ങിച്ച ഛന്ദസുകളുണ്ട് വൈദിക ഛന്തസ്സുകൾ അതിനെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ ഛന്ദസ് ശാസ്ത്രം പിന്നെ വ്യാകരണം എന്തിന് ജ്യോതിഷം പോലും ഈ പൂർവകാന്ഡത്തെ ആശ്രയിച്ചിട്ടാണ് അത് രൂപപ്പെട്ടതും വളർന്നതും വികസിച്ചതും വേണ്ട അങ്ങനെ വളരെ ബൃഹത്തായൊരു ശാസ്ത്രമാണ് പൂർവകാന്ഡം കർമ്മകാന്ഡം ഉത്തരകാന്ഡം അതായത് വേദാന്തം അതിനെ ആശ്രയിച്ചുള്ള ചർച്ചകളാണ് ദാർശനികമായിട്ടുള്ള പ്രധാനമായിട്ടുള്ള ചർച്ചകളെല്ലാം അതിൽ വരുന്നതാണ് ദ്വൈതം അദ്വൈതം വിശിഷ്ട അദ്വൈതം അങ്ങനെ വരുന്ന ചർച്ചകളെല്ലാം ഈ ഉത്തര വേദാന്തത്തെ ആശ്രയിച്ചുള്ളതാണ് വേദാന്തം എന്ന് പറഞ്ഞു അദ്വൈതം എന്നുള്ള അർത്ഥമല്ല എന്ന് മാത്രം ധരിച്ചു കളയരുത് അദ്വൈതം പറയുമ്പോൾ നമ്മൾ പറയുന്നത് വേദാന്തമാണ് വേദാന്തം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ദ്വൈതം അദ്വൈതം വിശിഷ്ടാദ്വൈതം വളരെയധികം വിഭാഗങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് ഇവർക്കെല്ലാം പ്രമാണമായിരിക്കുന്നത് മുഖ്യ പരമപ്രമാണമായിരിക്കുന്നത് വേദാന്തമാണ് ഈ ചർച്ച ചെയ്യുന്നവരെല്ലാം വേദത്തെ മുഖ്യപ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നു അദ്വൈതി ആയാലും വിശിഷ്ടാദ്വീരിയായാലും മറ്റ് അപ്രസിദ്ധങ്ങളായ മറ്റനേകം ശാസ്ത്രശാഖകളുണ്ട് അവരെല്ലാവരും വേദത്തെ മുഖ്യപ്രമാണമായി സ്വീകരിച്ചിരുന്നു വേദമെന്ന് പറയുമ്പോൾ വേദാന്തത്തെ മാത്രമല്ല വേദമെന്ന് പറയുമ്പോൾ വേദാന്തത്തെയും പൂർവകാണ്ടത്തെയും രണ്ടിനും കൂടെ ചേർത്താണ് ഇതിനെയാണ് പരമപ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചകളെല്ലാം അങ്ങനെ വരുന്നിടത്ത് മിക്കവാറും എല്ലാവരും തന്നെ ഈ കർമ്മകാന്ഡത്തിന്റെ പ്രാധാന്യത്തെ കഴിയുന്നത്ര കുറച്ച് ജ്ഞാനകാന്ഡത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത് വികാരം ചെയ്യുന്നത് കാരണം ഇവിടെ വിഷയം ആത്മതത്വമാണ് കർമ്മകാണ്ഡത്തിലെ കർമ്മങ്ങളല്ല വിഷയം അതുകൊണ്ട് ഇവിടെ വലിയ കർമ്മകാണ്ഡത്തിന്റെ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല കർമ്മകാണ്ഡത്തെ സ്വീകരിക്കുന്നത് പോലും അവന് നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് അദ്വൈതത്തിൽ കർമ്മകാന്ഡത്തെ എവിടെയെങ്കിലും പരാമർശിക്കുന്നുണ്ടെങ്കിൽ അവന് നിഷേധിക്കാൻ വേണ്ടിയിട്ടായി പരാമർശിക്കുന്നത് കർമ്മകാന്ഡത്തിന് യാതൊരു തരത്തിലുള്ള പ്രാധാന്യം അവർ കൊടുക്കുന്നില്ല കർമ്മകാന്ഡെന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അധികം കർമ്മം പ്രവൃത്തി എന്നുള്ള അർത്ഥത്തിലല്ല വൈദിക കർമ്മങ്ങൾ യജ്ഞം യാഗം ഹോമം ഇതിനെ സംബന്ധിച്ചാണ് നമ്മുടെ ക്ഷേത്രാരാധനയും അതിപ്പെടുന്നില്ല തികച്ചും വൈദികമായ കർമ്മങ്ങൾ അതാണ് കർമ്മകാന്ഡത്തിന്റെ വിഷയം ആ കർമ്മകാണ്ഡത്തിന് നിഷേധിക്കാൻ വേണ്ടി പരാമർശിക്കുന്നു അത്രയേ ഉള്ളൂ അദ്വൈതത്തിൽ ലൗകിക കർമ്മങ്ങളല്ല നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ലൗകിക കർമ്മങ്ങളല്ല അവിടെ ചർച്ച ആവശ്യം വൈദിക കർമ്മങ്ങളാണ് ഉപനിഷത്തിൽ പൊതുവെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇവിടെ ശങ്കരഭാഷ്യത്തോടുകൂടി ഇത് ചർച്ച ചെയ്യണമെന്നാണ് പറഞ്ഞത് മനസ്സിലാക്കണമെന്നാണ് ഈശാവാസി വംശം അത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കണേ എവിടെയെല്ലാം കർമ്മം എന്നുള്ള ശബ്ദം വരുന്നുണ്ടോ അവിടെയെല്ലാം നമ്മൾ മനസ്സിലിരിക്കേണ്ടത് വൈദിക കർമ്മം എന്നുള്ളതാണ് ജ്യോതിഷവും അഗ്നിപോത്രം തുടങ്ങിയ കർമ്മങ്ങളാണ് കർമ്മം കർമ്മവും നമ്മൾ പറഞ്ഞ് ശീലിച്ച് നമ്മുടെ മനസ്സിൽ പറഞ്ഞിരിക്കുന്നത് പ്രവൃത്തി എന്നുള്ള അർത്ഥത്തിലാണ് സാധാരണ നമ്മളെ പ്രവൃത്തിയത് ആ ഒരർത്ഥത്തിലല്ല ഇവിടെ തൊണ്ണൂറ് ശതമാനവും ചർച്ച ചെയ്യുന്നത് കർമ്മം എന്ന ശബ്ദം ഒരു പത്ത് ശതമാനം ചിലപ്പോൾ നമ്മുടെ ലൌകിക കർമ്മങ്ങളും വന്നിരിക്കും പക്ഷെ കൂടുതലും ഈ വൈദിക കർമ്മങ്ങളാണ് പറയുന്നത് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണല്ലെങ്കിൽ ഉപംശത്തിൽ പറയുന്ന കാര്യങ്ങളും നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാകും അത് നമ്മൾ ബ്രഹ്മസൂത്രം പഠിച്ച സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴും ഈ വിഷയം പറഞ്ഞിട്ടുള്ളതാണ് ഉപനിഷത്തുകൾ ഈശാവാസി ഉപനിഷത്തിന്റെ ഒരു പ്രത്യേകത പൊതുവെ പൊതുവെ വേദമാക്കാണ് അത് കാലഗണന ചെയ്യാൻ കഴിയാത്ത ഒരു കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് എന്നാണ് വിശ്വാസം സനാതന വിശ്വാസം അതാണെങ്കിലും ഈശാവാസി ഉപനിഷത്താണ് ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഉപനിഷത്തുകളുടെ ഏറ്റവും പ്രാചീനമായത് എന്നിങ്ങനെ കരുതുന്നുണ്ട് എന്നുവെച്ചാൽ അതിലും കാലഗണന പരിശോധിക്കുമ്പോൾ വളരെ പ്രാചീനങ്ങളാണെങ്കിലും അതിലും പൂർവാപര കാലവ്യത്യാസമുണ്ട് എന്നാണ് ആധുനിക ഗവേഷകന്മാരെല്ലാം പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും പ്രാചീനമായിട്ടുള്ളത് ഈശാവാസി ഉപനിഷത്താണ് അതുകൊണ്ട് തന്നെ ഈശാവാസോപനിഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പല സങ്കേതങ്ങൾ വ്യാഖ്യാനിക്കാൻ വളരെ വൈഷമ്യമുള്ളതുമാണ് മനസ്സിലാക്കാനും പ്രയാസമുള്ളതാണ് അതുകൊണ്ട് ഇതിന്റെ പരിഭാഷകന്മാര് പലരും ഇതിനുള്ള പല പദങ്ങളും പരിഭാഷപ്പെടുത്തിയിട്ടില്ല വ്യാഖ്യാതാക്കൾക്ക് ഒരു അഭിപ്രായമല്ല ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന്റെ വിദ്യ അവിദ്യ രണ്ട് ശബ്ദങ്ങൾ വരുന്നുണ്ട് എന്താണ് അതിന്റെ അർത്ഥം സംഭൂതി അസംഭൂതി ഈ ശബ്ദങ്ങൾ വരുന്നുണ്ട് ഇതിന്റെ അർത്ഥങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരേ അഭിപ്രായമുള്ള രണ്ടുപേരെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുവെച്ചാൽ വ്യാഖ്യാതാക്കൾ പ്രസിദ്ധരായ വ്യാഖ്യാതാക്കൾ ർക്കൊരു അഭിപ്രായമില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ അർത്ഥം ഇന്നതായിരിക്കണം നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമില്ല സ്വീകാര്യമായ അർത്ഥങ്ങൾ സ്വീകരിക്കുക എന്നൊരു നിലപാടി നമുക്കെടുക്കാൻ പറ്റും നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് ശാങ്കരഭാഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശങ്കരഭാഷ്യം ത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോഴും ഈ പദങ്ങളെ സംബന്ധിച്ചുള്ള അർത്ഥത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ പറഞ്ഞിട്ടുള്ള വിദ്യ അവിദ്യ സംഭൂതി അസംഭൂതി തുടങ്ങിയ ശബ്ദങ്ങളുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിലും ഈശാവാസി മാത്രം ചിന്തിച്ചാൽ കിട്ടത്തില്ല അതാണ് ഭാഷ്യത്തിന്റെ ഒരു പ്രത്യേകത ഭാഷ്യം പൊതുവേ സരളമാണ് ഭാഷ്യകാരന്റെ പത്തുപുഷത്തിന്റെ ഭാഷയങ്ങളും നമ്മൾ ശരിക്ക് ചിന്തിച്ച് പൂർവാപര ബന്ധത്തോടു കൂടി ചിന്തിച്ചാൽ മാത്രമേ ഈ പറയുന്ന പ്രത്യേക ശബ്ദങ്ങളുടെ അർത്ഥം എന്താണെന്ന് വ്യക്തമായി നമുക്ക് ധരിക്കാൻ പറ്റൂ എന്ന് പറയുന്ന നമുക്കൊരു കാര്യം മനസ്സിലാക്കാം മലയാളത്തിൽ ധാരാളം വ്യാഖ്യാനങ്ങളുണ്ട് ധാരാളം പരിഭാഷകളുണ്ട് പക്ഷെ ഈ ഭാഷകളിലും വ്യാഖ്യാനങ്ങളിലും ഒന്നും ഈ ഭാഷ്യകാര ഈ ചില ശബ്ദങ്ങളിൽ ഭാഷ്യകാരെ കാണിച്ചിട്ടുള്ള നിഷ്കർഷ അത് വെളിപ്പെട്ടിട്ടില്ല ഒന്നിനും ഞാൻ കണ്ടിട്ടില്ല എന്നുവെച്ചാൽ അത് അത്രയും ചിന്തിച്ച് പഠിച്ച് വ്യാഖ്യാനം എഴുതാൻ ആരും മിനെക്കെട്ടിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല മലയാളത്തിൽ മറ്റു ഭാഷകളിലുണ്ട് മലയാള ഭാഷയിൽ അത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു അത്ഭുതമാണ് കാരണം മലയാള ഭാഷയിൽ ഇത്തരം ഗ്രന്ഥങ്ങൾക്ക് പരിശ്രമിച്ച് വ്യാഖ്യാനം എഴുതുന്ന ഒരു സ്വഭാവം ഇല്ല വ്യാഖ്യാതാക്കൾക്ക് ഒന്നുകിൽ പഠിക്കാൻ വേണ്ടി വ്യാഖ്യാനം എഴുതും അല്ലെങ്കിൽ വ്യാഖ്യാനിച്ച് വ്യാഖ്യാതാവുന്ന ഒരു പേര് വരാൻ വേണ്ടി വ്യാഖ്യാനിക്കും അല്ലാതെ ഇത്തരം ഗ്രന്ഥങ്ങളിൽ ചെയ്യേണ്ട പരിശ്രമം ചെയ്തിട്ട് അതിന്റെ താല്പര്യത്തെ പുറത്താക്കാൻ വേണ്ടി വ്യാഖ്യാനിക്കുക അങ്ങനെ ഒരു വ്യാഖ്യാനം മലയാള ഭാഷയിൽ കണ്ടിട്ടില്ല എന്നാൽ മറ്റു ഭാഷകളിൽ ഉണ്ട് തന്നു അതുകൊണ്ട് പൊതുവെ വിചാരിച്ച് മലയാള വ്യാഖ്യാനങ്ങൾ മോശം ഞാൻ പറയും വളരെ ശ്രദ്ധിച്ച് നിഷ്കർഷയോടുകൂടി അർത്ഥം വിശദീകരിക്കേണ്ട ഭാഗങ്ങൾ വരുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നു വ്യാഖ്യാനാക്കൾ ഉദാഹരണം ഇതൊക്കെ തന്നെ ഇത്തരം ശബ്ദങ്ങളുടെ എന്താണ് എങ്കിലൊരു വ്യാഖ്യാനം എടുത്തു നോക്കുക സ്വതന്ത്രമായ വ്യാഖ്യാനങ്ങളല്ല ഭാഷ്യത്തെ അനുസരിച്ച് ഇപ്പോൾ ഭാഷ്യക്കാരൻ പറഞ്ഞിരിക്കുന്നു ഈ ശബ്ദങ്ങൾക്ക് അർത്ഥം അത് നമുക്ക് മനസ്സിലാകത്തില്ല ഒരാൾക്ക് അവരവരുടെ ഭാവന അനുസരിച്ച് എന്താർത്ഥവും വ്യാഖ്യാനിക്കാം അത് വേറെ കാര്യം അതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ഭാഷ്യത്തിന്റെ താല്പര്യം സാങ്കരഭാഷ്യത്തെ അനുസരിച്ചുള്ള വ്യാഖ്യാനങ്ങളെന്ന് പറയുമ്പോൾ ആ ഭാഷ്യത്തിന്റെ താൽപ്പര്യത്തെ വെളിപ്പെടുത്ത രീതിയിലുള്ള വ്യാഖ്യാനം അതിനുള്ള ആ വ്യക്തത കൃത്യത നിഷ്കർഷ അതുള്ള വ്യാഖ്യാനം കണ്ടെത്താൻ പ്രയാസമാണ് മലയാള മലയാളത്തിൽ ധാരാളം വ്യാഖ്യാനങ്ങളുണ്ടെങ്കിൽ അതിനുവേണ്ടി ആരും മിനകെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അതുകൊണ്ട് നമ്മൾ വിശ്വാസി വംശത്ത് ചർച്ച ചെയ്യുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക വളരെ ഇത്തരം പദങ്ങളുടെ അർത്ഥം എന്താണ് അവിടെ എന്താണ് ഭാഷകാരൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം പക്ഷെ ഭാഷയകാരന്റെ ആശയങ്ങളോട് വിയോജിപ്പുള്ള മറ്റ് വ്യാഖ്യാനാക്കളുണ്ട് അത് സ്വന്തം നിലപാട് എന്തായാലും ഒരു വ്യാഖ്യാനം നമ്മൾ സ്വീകരിക്കുമ്പോൾ ഉപനിഷത്തേയും മറ്റും വ്യാഖ്യാനം നമുക്ക് സ്വതന്ത്രമായ നിലയിൽ നടത്തുക പ്രയാസമാണ് പലരും സ്വതന്ത്രമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട് അവരവർക്ക് തോന്നിയ രീതിയിൽ മനസ്സിൽ തോന്നുന്ന രീതിയിൽ പക്ഷെ അതിനൊരു വൈഷമ്യം ഉള്ളത് ഇതിന്റെ കാലഗണന ഏറ്റവും കുറഞ്ഞ ഒരു കാലഘണനയനുസരിച്ച് ഒരു അയ്യായിരം വർഷമെങ്കിലും കുഴപ്പം കാണും എന്നാണ് കണക്കാക്കിയിരിക്കുന്നത് ഉപനിഷത്തുകൾക്ക് വിശ്വാസപംക്ഷത്തിന് പ്രത്യേകിച്ചു അയ്യായിരം വർഷം മുമ്പ് എഴുതിയ ഒരു എഴുതി അല്ലെങ്കിൽ വെളിപ്പെടുത്തിയ ഒരു ശാസ്ത്രത്തെ നമ്മൾ ഈ ഇന്നത്തെ ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരാൾ വ്യാഖ്യാനിക്കുമ്പോൾ വരുന്ന ആ കാലത്തിന്റെ അന്തരം കൊണ്ട് അയാളിൽ വരുന്ന അയാളുടെ ചിന്താഗതിക്ക് വരുന്ന വ്യത്യാസം അത് അയാളുടെ അർത്ഥനിർണ്ണയത്തെ വളരെ കാര്യമായി സ്വാധീനിക്കും അപ്പോൾ നമുക്ക് സ്വതന്ത്രമായി ഇന്നുകൊണ്ടൊരു വ്യാഖ്യാനം രചിക്ക പ്രയാസമാണ് ഭാഷാപരമായ പ്രശ്നം തന്നെ ഒന്നും നമ്മുടെ ഈ നാട്ടിൽ ഒരു നൂറു വർഷം മുമ്പ് സംസാരിച്ചിരുന്ന ഭാഷ ഇന്ന് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല മലയാളം തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഒരു ഭാഷ എഴുതിയ ഗ്രന്ഥത്തെ നമ്മൾ മനസ്സിലാകുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്തുമാത്രം ബുദ്ധിമുട്ടായിരിക്കും ചിന്തിക്കാതിരുന്നാൽ വ്യാഖ്യാനം എഴുതാൻ വളരെ എളുപ്പമാണ് നിസ്സാരമായിട്ട് വ്യാഖ്യാനിക്കാം ചിന്തിക്കാത്തവർക്ക് ചിന്തിക്കുന്നവർക്ക് തന്നെയുള്ള ധൈര്യം വരത്തില്ല സ്വതന്ത്രമായി എഴുതാം കാരണം അയ്യായിരം വർഷം കൊണ്ട് സംസ്കൃത ഭാഷയെ തന്നെ എടുത്തു കഴിഞ്ഞാൽ സംസ്കൃതത്തിന്റെ ആധുനിക ഭാഷ എന്ന് പറയുന്നതിന്റെ തന്നെ കാലം കഴിഞ്ഞിട്ട് ആയിരത്തോളം വർഷമാണ് അപ്പോ അതിന്റെ പ്രാചീന ഭാഷ പ്രാചീന ഭാഷ എങ്ങനെയായിരിക്കും സംസ്കൃതം എന്ന പുഷ്ടി പ്രാപിച്ചു ഒരാധുനികാഷ എന്ന് വരുന്ന ആ നില എത്തിയതന്നെ ഇപ്പോൾ ഒരായിരത്തോളം വർഷമായി അപ്പോൾ അയ്യായിരം വർഷങ്ങൾ മുമ്പുള്ള ഈ ഭാഷയിൽ നിന്ന് ഒരാശയത്തെ നമ്മൾ വേദിച്ച് എടുക്കുമ്പോൾ നമുക്കെന്ത് ബുദ്ധിമുട്ടനുഭവപ്പെടും ഇപ്പോൾ ഭാഷാപരമായ ഒരു പ്രശ്നം ഇതിന്റെ വ്യാഖ്യാനത്തിൽ വരുന്ന ഒരു ബുദ്ധിമുട്ട് അതാണ് സംസ്കൃതം പറയുന്നതിന്റെ താല്പര്യം ഈ ആവിഷ്കരിച്ച കാലത്തുള്ള സംസ്കൃതമല്ല ഇന്നത്തെ സംസ്കൃതം അതുകൊണ്ട് തന്നെയാണ് സംസ്കൃത ഭാഷയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവര് വൈകാകരണന്മാർ അവര് തന്നെ ഭാഷയെ രണ്ടായി തിരിച്ച് വൈദികം ലൌകികം രണ്ട് ഭാഷയ്ക്ക് രണ്ട് നിയമങ്ങളുണ്ടാക്കിയത് വൈദിക ഭാഷ വേറെയാണ് സംസ്കൃതത്തിൽ ലൌകിക ഭാഷ വേറെ ലൌകികഭാഷയുടെ നിയമങ്ങളൊന്നും വൈദിക ഭാഷയ്ക്ക് ബാധകമല്ല അതിന്റെ നിയമങ്ങൾ ലൌകിക ഭാഷയ്ക്കും ബാധകമല്ല ലൌകിക ഭാഷയെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഭാഷ വളർന്നതിനു ശേഷം അത് രൂപപ്പെട്ട ഭാഷയാണ് വൈദിക ഭാഷയെന്ന് പറയുന്നത് ഈ യുവംശത്തിനും മറ്റുള്ള ഭാഷ അപ്പോൾ ഈ രണ്ട് ഭാഷകൾക്കും തമ്മിലുള്ള കാലവ്യത്യാസം തന്നെ ഒരു പത്ത് നാലായിരം വർഷത്തെ വ്യത്യാസമുണ്ട് അപ്പോൾ ആ പ്രാചീന ഭാഷയിൽ അന്നത്തെ മനുഷ്യൻ ചിന്തിച്ച കാര്യങ്ങൾ ഈ ചുറ്റുപാട് ഇരുന്നുകൊണ്ട് ഇന്നത്തെ ഭാഷയിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് അതുകൊണ്ട് സ്വതന്ത്രമായ വ്യാഖ്യാനം പ്രയാസമാണ് അതുകൊണ്ട് കഴിയുന്നതും പ്രാചീനന്മാരായ ആചാര്യന്മാരുടെ വ്യാഖ്യാനത്തെ ആശ്രയിച്ചുകൊണ്ടേ നമുക്ക് ചിന്തിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഈ ഉപൻഷത്തിന്റെ ലഭ്യമായ ഭാഷകളിൽ വെച്ച് പ്രാചീനമായിട്ടുള്ള ശാങ്കര അതിനെ ആശ്രയിച്ച് നമ്മൾ ചിന്തിക്കുന്നു സ്വതന്ത്രമായി ചിന്തിക്കാത്ത പിന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ചരിത്രപരമായ വ്യത്യാസം ഭൌതിക സാഹചര്യങ്ങളിൽ വരുന്ന വ്യത്യാസം ഈ അയ്യായിരവും ഇന്നത്തെ ഈ കാലവും തമ്മിലുള്ള വ്യത്യാസം സംസ്കാരത്തിന്റെ വ്യത്യാസം ചിന്താഗതികളുടെ വ്യത്യാസം മനുഷ്യന് അന്ന് ചിന്തിച്ചതുപോലെയല്ല ഇന്ന് ചിന്തിക്കുന്നത് അന്നത്തെ ഭൌതിക ചുറ്റുപാടുകളല്ല ഇന്നത്തെ ഭൌതികമായ ചുറ്റുപാടുകൾ ഇതന്നെ ഒരുപാട് മാറിക്കഴിഞ്ഞു അപ്പം ഈ കാലത്തിൽ ഇരുന്നുകൊണ്ട് ആ പ്രാചീനമായൊരു സാഹിത്യത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ അതിന്റെ ശരിയായ താൽപ്പര്യത്തെ നമ്മൾ ഗ്രഹിക്കുന്നു എന്ന് കരുതാൻ വളരെ പ്രയാസമുണ്ട് ഇതിലെല്ലാം ഉപരി വരുന്ന ഏറ്റവും വലിയൊരു വൈഷമ്യം ഇത് മറ്റു തരത്തിൽ ഇതിന്റെ പഠ്യതാവിനെ നേരിടുന്ന വൈഷമ്യങ്ങളാണ് ഇതിലെല്ലാം ഉപരിയായിട്ടുള്ള ഒരു വൈഷമ്യം ഇതിന് ഈ ഉപനിഷത്ത് യുവൻഷത്തരുടെ പൊതുവെ ഏതു വൻഷത്തും ചർച്ച ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വൈഷമ്യം യുഗൻഷത്തുകൾ ഒന്നും തന്നെ നമ്മൾ ഇന്ന് ചെയ്യുന്ന പോലെ ഒരു സാഹിത്യ സൃഷ്ടിക്കു വേണ്ടി സൃഷ്ടിച്ചതല്ല ആരും എഴുതി വച്ചതല്ല മറിച്ച് അന്നത്തെ മുനിമാർ കൃഷിമാർ ഏകാന്തമായ ധ്യാനത്തിലൂടെ െളിപ്പെടുത്തിയ ചില സത്യങ്ങളാണ് ബാഹ്യമായ പരീക്ഷണ നിരീക്ഷണങ്ങൾ ഇല്ലെന്ന് പറയാൻ വയ്യ പക്ഷെ തീരെ കുറവാണ് ഇവിടെ ആന്തരികമായ മനനത്തിൽ നിന്നും ഉണ്ടായ ആവിഷ്കാരങ്ങളാണ് ആത്മാവിഷ്കാരങ്ങളെന്ന് പറയാം ഒരു സാഹിത്യ രചനയ്ക്ക് വേണ്ടി നടത്തിയ രചനകളല്ല വേറൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചില സാഹിത്യകാരന്മാരെല്ലാം ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ആത്മസല്ലാപങ്ങൾ എന്ന ഒരു വ്യക്തി തന്നോട് തന്നെ പറയുന്ന കാര്യമാണ് അപ്പോൾ ആത്മാവിഷ്കാര രൂപത്തിലുള്ള ഒരു കൃതിയെ നമ്മുടെ കേവലം ബുദ്ധിപരമായ ഒരു വിശകലനത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിൽ തന്നെ വലിയൊരു മഠേത്തരമുണ്ട് അവിടെ നമുക്ക് വൈഷമ്യമുണ്ട് ഒരുപാട് അപ്പൊ കേവലപരമായ ബുദ്ധിപരമായ ഒരു വിശകലനം അത് ആത്മാവിഷ്കാര രൂപത്തിലുള്ള ഒരു കൃതിയിൽ എന്റെ താൽപ്പര്യത്തെ വെളിപ്പെടുത്താൻ ഏറെ സഹായിക്കത്തില്ല ഇത് എന്താണ് ഒരു തപസ്സിന്റെ ഫലമാണ് ഉപനിഷത്ത് എന്ന് പറയുന്ന ഒരു തപസ്സിന്റെ പരിണിത ഫലമായി വന്ന ചിന്താഗതികളാണ് അതിന്റെ പിന്നിലുണ്ടായിരുന്നത് ഋഷിമാരുടെ മുനിമാരുടെ ഏകാഗ്രമായ തപസ്സാണ് തപസ് മാത്രം മറ്റൊന്നും ബാഹ്യമായ പരിശ്രമങ്ങളൊന്നും അവിടെയില്ല നമ്മൾ സാധാരണ നടത്തുന്ന അന്വേഷണങ്ങളോ കണ്ടെത്തലുകളോ ഒന്നും അവിടെ പ്രസക്തമല്ല തപസ്സാണ് മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും എല്ലാം പ്രവർത്തനമല്ല മറിച്ച് ഉപരമ അതാണ് സംഭവിക്കുന്നത് അതിൽ വരുന്ന ഒരു വൈരുദ്ധ്യം നമ്മൾ ചിന്തിച്ചു നോക്കുക മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം ഉപരമിച്ച് അതായത് തമസിന്റെ അന്തിമമായ അവസ്ഥ അങ്ങനെ ഉപരമിച്ച് പിന്നീട് സംഭവിക്കുന്നതാണ് ഈ ആത്മാവിഷ്കാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ഉപനിഷത്ത് മന്ത്രങ്ങൾ സംഭവിക്കുന്നു അതിന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നെങ്ങനെ നമ്മുടെ മനസ്സിനെ ഇന്ദ്രിയങ്ങള് പ്രവർത്തിപ്പിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു നിവൃത്തിയിൽ നിന്നും ആവിഷ്കൃതമായ ഒരു തത്വത്തെ പ്രവൃത്തിയിലൂടെ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു അതാണ് നമ്മൾ കാണിക്കുന്ന ഒരു മണ്ടത്തരം ഉപനിഷത്തിനെ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു വൈഷമ്യം എന്ന് പറയുന്ന ആ ഒരു വൈഷമ്യത്തെ കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനും ചർച്ച ചെയ്യാനും പക്ഷെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പ്രാഥമികമായി നമുക്ക് അവലംബിക്കാവുന്ന ഉപായങ്ങളും ഇതൊക്കെ തന്നെ നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം തന്നെ ആശ്രയിക്കേണ്ടിയിരിക്കും അതിന് സഹായകമായി തീരും ഈ മുനിയുടെ മനണം അതായത് ഉപനിഷത് മന്ത്രങ്ങൾ മന്ത്രങ്ങൾ എന്ന് പറയുന്നത് മനനത്തിന് വേണ്ടിയുള്ളതാണ് അപ്പം മുനിയുടെ മനനം അതുകൊണ്ടാണ് മന്ത്രം എന്ന് പറയുന്നത് അത് നമ്മുടെ മനനമായി മാറണം മനനത്തിന്റെ ഫലം മനനം അല്ല ശരിക്കും മന്ത്രങ്ങൾ എന്ന് മനനത്തിന്റെ ഫലമായി ആവിഷ്കരിക്കപ്പെട്ടതാണ് മന്ത്രങ്ങൾ മന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ അനുഭൂതിയുടെ വാചികമായ രൂപങ്ങൾ വാഗ് രൂപങ്ങളാണ് മന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഋഷിമാരുടെ അനുഭൂതി അതിന്റെ വാഗ് രൂപങ്ങൾ ആ വാഗ് രൂപങ്ങൾ മന്ത്രങ്ങൾ നമ്മുടെ മനനത്തിന് ഒരലംബമായിത്തീരുന്നു അതിനാശ്രയിച്ച് നമ്മുടെ മനനം തുടരുന്നു അപ്പം അതിന്റെ ശരിയായ താൽപ്പര്യം മനസ്സിലാക്കണമെങ്കിൽ ഋഷിയിൽ സംഭവിച്ചത് തന്നെ നമ്മൾ സംഭവിക്കുന്നു അതായത് മനനങ്ങളെല്ലാം ഒടുങ്ങി മനസ്സെല്ലാം ഉപരമിച്ച് അനുഭൂതിയുടെ തരത്തിലേക്ക് ആ ജീവന്റെ ആന്തരികമായ മണ്ഡലം മാറണം വികസിക്കണം എന്നാൽ മാത്രമേ ഇതിന്റെ ശരിയായിട്ടുള്ള താല്പര്യം നമുക്ക് വെളിപ്പെടുത്തൂ അതുവരെ നമ്മൾ നമ്മുടെ മനനത്തിന്റെ സ്ഥലത്ത് നിന്നുകൊണ്ട് ഇതിന്റെ ബാഹ്യമായ രൂപങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു പരിമിതിയാണ് അപ്പം നമ്മുടെ പരിമിതികളെ മനസ്സിലാക്കി അതിന്റെ പോരായ്മകളെ എല്ലാം ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് ഇതിന്റെ സാധ്യതയിലേക്ക് നമ്മുടെ അന്ധകരണത്തെ ഉറപ്പിച്ച് കൊണ്ടുവേണം ഉപനിഷത്തിന്റെ മനനം തുടരാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മുടെ പരിമിതികളെ കുറിച്ച് നമുക്ക് ശരിക്കും ബോധവാന്മാരായിരിക്കണം മറിച്ച് നമ്മുടെ സാധ്യതകളെക്കുറിച്ചുള്ള പ്രത്യാശ നമ്മൾ ഉണ്ടായിരിക്കും വേണം എന്നുവെച്ചാൽ ഇതിന്റെ അടുത്തൊരു തലമുണ്ട് നമ്മൾ പറയുന്നുണ്ട് ശ്രവണം മനനം നിധ്യാസനം അപ്പൊ ശ്രവണം മനന നിധ്യാസനങ്ങൾക്ക് അപ്പുറമുള്ള ഒരു തലത്തിലേക്ക് നമ്മളൊരു ആന്തരിക വികാസം ഉണ്ടാകുന്നതിനുള്ള ഒരു ഉപായം എന്നുള്ളതിലേക്ക് മാത്രമാണ് നമ്മളിതിനെ ചർച്ച ചെയ്ത് അല്ലാതെ ഭൗതികമായ ഒരു പഠനം പോലെ നമ്മൾ ഉപനിഷത്ത് പഠിക്കുകയല്ല അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഉപനിഷത്ത് പഠനത്തിന്റെ പ്രയോജനം എന്താണ് എന്തിനും വേണ്ടി നമ്മളിതിന് സമയം കളയുന്നു എന്നുള്ളതിന്റെ ഉത്തരവും അതിനകത്ത് തന്നെയുള്ളൂ ഇതൊരു അവലംബം നമ്മുടെ മനനത്തിന്റെ നമ്മുടെ പരിമിതികളിൽ നിന്നുകൊണ്ടുള്ള നമ്മുടെ മനനത്തിന്റെ ഒരു അവലംബമായിട്ട് ഉപനിഷത്തിനെ സ്വീകരിക്കും അത് നമ്മളെ ആത്യന്തികമായ അനുഭൂതിയുടെ തരത്തിലേക്ക് എത്തിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടുള്ളൂ അപ്പോൾ അവിടെ ഉപനിഷത്തിന്റെ മനനത്തിന് ഒരു പ്രസക്തിയുണ്ട് അതാണ് നമ്മൾ ഇതിന്റെ ചർച്ചയിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഒരു ഭൌതികമായ ഒരു വിഷയത്തെ പഠിക്കുന്നത് ഒരു പഠനം അല്ല ഇതാവശ്യമാണ് ഇത് ആവശ്യമുണ്ടോ എന്ന് ചെല്ലിക്കും ഇതാവശ്യമാണ് അത്യാവശ്യമായ കാര്യമാണ് ആധ്യാത്മിക ആത്മീയമായ മാർഗങ്ങളിൽ ഏത് മാർഗങ്ങളായാലും സഞ്ചരിക്കുന്നവർക്ക് ഉപനിഷ മനനം ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കാരണം നമ്മുടെ മാർഗത്തിനെ കുറിച്ചുള്ള നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള നിശ്ചയത്തിനും ഇത് അത്യന്താപേക്ഷിതമാണ് ആധ്യാത്മികമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവര് അവരുടെ മാർഗത്തെ കുറിച്ച് വരുന്ന സംശയങ്ങളെല്ലാം പരിഹരിക്കാനും അവരുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധമുണ്ടാക്കുന്നതിനും ഉപനിഷത്തിനെപ്പോലെ സഹായിക്കുന്ന മറ്റൊന്നും മറ്റൊരു ശാസ്ത്രമില്ല കാരണം ഇത് മറ്റ് ശാസ്ത്രങ്ങളുണ്ട് പക്ഷെ അതെല്ലാം ഇതിനെ പിന്തുടർന്നുള്ളതാണ് എല്ലാ ഗുരുക്കന്മാരും നമുക്ക് ഉപദേശിച്ചിട്ടുള്ളതും എല്ലാ ശാസ്ത്രങ്ങളും യുപനിഷത്തുകൾ പിന്തുടർന്നുള്ളതാണ് അതുകൊണ്ട് പറയുന്നതിന്റെ ചുരുക്കം ഇത് വളരെ ലാഘവത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ല മറിച്ചത് വളരെ ഗൌരവമായി തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് പനിഷത്തിന്റെ അധ്യയനം അത് നമ്മുടെ കഴിവിനനുസരിച്ച് അത് പരിശ്രമിക്കുക എന്നുള്ളത് നമുക്ക് കാരണീയമായിട്ടുള്ളൂ എന്നാ ഇപ്പോൾ ഈശാവാസി ഉപനിഷത്ത് പഠിച്ചു നമ്മൾ ഞാനീകളായിത്തീരും ഒന്നും അവകാശപ്പെടുന്നില്ല പക്ഷെ നമ്മുടെ കഴിവിനനുസരിച്ച് ഇന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ഇപ്പം വേദാന്തം ഉപനിഷത്ത് അതിൽ പ്രധാനമായിട്ട് ഇപ്പോ നമുക്ക് ഉപലഭ്യമായിട്ടുള്ളത് തന്നെ പത്ത് മുന്നൂറോളം ഉപനിഷത്തുകളാണ് ഉപലഭ്യമാണ് അതായത് നമുക്ക് വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനുമായിട്ട് അതെല്ലാം പ്രാചീനങ്ങളാണെന്ന് കരുതാൻ നിവർത്തിയില്ല എന്നാലും ഭാഷ്യകാരൻ ഭാഷ്യം രചിച്ചത് പ്രധാനപ്പെട്ട പത്തു വൻഷത്തുകൾ കാണണം അതുകൊണ്ട് ഉപനിഷത്ത് പഠിക്കുന്നവർ സാധാരണ ചെയ്യുന്ന ഈ പത്തു വൻഷത്തുകളെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് ഭാഷ്യത്തിന് അടിസ്ഥാനമാക്കി ഭാഷ അദ്വൈതപരമായ ഭാഷ്യത്തിനടിസ്ഥാനമാക്കി ഈ പത്തുവൻശത്തും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു പത്തുവൻശത്തുകളുടെ ഭാഷ്യങ്ങൾക്കും പരസ്പര ബന്ധമാണ് ഈ പത്തുവൻഷത്തുകളുടെയും ഭാഷ്യം ഒരു തവണ വളരെ ശ്രദ്ധിച്ച് മനനം ചെയ്ത ഒരാളിന് മാത്രമേ പൊതുവായി ഈ വംശത്തിന്റെ താൽപ്പര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയൂ എന്നാണ് ഒരു പൊതുധാരണ ഇതൊരു വഴി ആത്മമനനത്തിനുള്ള ഒരു വഴി മറ്റ് പല വഴികളുമുണ്ട് നമ്മൾ ഉപനിഷത്തിന്റെ മാർഗത്തെ സ്വീകരിക്കുകയാണെങ്കിൽ ഉള്ളൊരു വഴിയാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്നാലും ചോദിക്കരുത് എല്ലാ ജ്ഞാനികളും ഉപനിഷത്ത് പഠിച്ചിട്ടുണ്ടോ എല്ലാവരും ഭാഷ്യം പഠിച്ചിട്ടാണോ മോക്ഷം നേടിയതെന്നൊന്നും ആരും ചോദിക്കരുത് ഒരു മാർഗത്തെക്കുറിച്ച് പറയുകയാണ് ഒരാൾ ഉപനിഷത്ത് പഠിച്ചു അതുകൊണ്ട് തന്നെ ജ്ഞാനിയായി തീരും എന്നൊന്നുമില്ല ഇത് പഠിക്കാതെ ഒരാൾക്ക് ഈശ്വരബോധം ഉണ്ടാകത്തില്ല എന്നില്ല അതെല്ലാം മറ്റു വിഷയങ്ങളാണ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള വിഷയം അതിനെക്കുറിച്ച് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ അതുകൊണ്ട് ഉപനിഷത്ത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് കഴിയുന്നത് ഈ പത്തുപനിഷത്തുകളും ഭാഷസഹിതം മനസ്സിലാക്കാൻ ചിന്തിക്കാൻ കഴിയുമെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ് ഈശാവാസി വൻഷത്ത് തന്നെ ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു ഇവിടെ ഇരിക്കുന്ന എന്റെ വിശ്വാസമാണ് മിക്കവാറും എല്ലാവരും തന്നെ ഇതെല്ലാം ഒരു തവണയെങ്കിലും വായിച്ചിട്ടുള്ളവരായിരിക്കും ചിന്തിച്ചിട്ടുള്ളവരായിരിക്കും വായിക്കാത്തവരാരും കാണത്തില്ല പുതുതായൊരു കാര്യം നമ്മൾ പഠിക്കുന്നു അല്ലെങ്കിൽ പഠിപ്പിക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ നമ്മൾ ചിന്തിച്ചിട്ടുള്ള നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അതിനൊന്നുകൂടെ ഒന്ന് പരിഷ്കരിക്കുന്നു എന്ന് കരുതിയാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സാറിനെ ആരെയും പഠിപ്പിക്കാറില്ല കാരണം പഠിപ്പിക്കാത്തത് കാരണം അറിയാമ്യാത്താലേ പഠിപ്പിക്കാൻ പറ്റും ഇത് ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മളറിയില്ല എന്ന് കരുതുന്ന ഒരു സാധാരണ മനുഷ്യനോട് സംസാരിക്കുമ്പോൾ പോലും കാര്യം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഒരു വിഷയം ഒരാൾക്ക് അറിവില്ല എന്ന് നമ്മൾ ധരിച്ചാലേ നമുക്ക് അയാളെ പഠിപ്പിക്കാനുള്ള ധൈര്യം പഠിപ്പിക്കാൻ ധൈര്യം അയാൾ ആദ്യം മണ്ടനായിരിക്കും ഇതറിയാത്തയാളായിരിക്കും പക്ഷെ സാമാന്യമായ വിവരം മനുഷ്യർക്ക് ഉണ്ടെന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും മറ്റൊരാളെ പഠിപ്പിക്കാൻ ധൈര്യപ്പെടുത്തില്ല ആദ്യം ഞാനും പഠിപ്പിച്ചിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവധം മനസ്സിലായത് പഠിപ്പിക്കുന്ന ഒരു വലിയ അവദ്ധമാണ് കാര്യങ്ങൾ അറിയാം അറിയാൻ വയ്യാത്ത ആരുമില്ല പിന്നെന്താണ് നമ്മൾ ഒരു ചർച്ച എന്ന് പറയുമ്പോൾ അതൊരു മാനസികമായ ഒരു ഒത്തുചേരലാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ മനസ്സുകൾക്ക് ഒരു മനസ്സിനും വേറൊരു മനസ്സിനും ഇടയ്ക്ക് മതിലില്ലെന്നാണ് പറയുന്നു എന്നുവെച്ചാൽ എല്ലാം കൂടെ ചേർന്നൊരു മനസ്സാണ് നമ്മളതിനെ ഓരോ മനസ്സായിട്ട് വിഭജിച്ച് പ്രത്യേകം സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ വാസ്തു ഒരു മനസ്സിനും വേറൊരു മനസ്സിനും തമ്മിൽ ഇടയ്ക്ക് അതിരുകളൊന്നുമില്ല ഇപ്പൊ ഭൂമിയിൽ അതിലില്ലല്ലോ പക്ഷെ മനുഷ്യനെന്ത് ചെയ്യുന്നു അതിന് വേലിയൊക്കെ കെട്ടി മതിലൊക്കെ കെട്ടി അതിലുണ്ടാകും ഭൂമിക്ക് വാസ്തവത്തിൽ അതിലില്ല അതുപോലെയാണ് മനസ്സിന് ഇപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പല മനസ്സുകൾ നമ്മൾ കൽപ്പിച്ചിരിക്കുന്ന പല മനസ്സുകളിൽ ഒരേ വിഷയം വരും എന്നുവെച്ചാൽ അവിടെ മനസ്സൊന്നായിത്തീരും അപ്പോൾ ഏകപക്ഷീയമായൊരു ചർച്ച പഠിക്കലോ പഠിപ്പിക്കലോ അല്ല വാസ്തവത്തിൽ സത്സംഗം എന്നുള്ളതുകൊണ്ട് സംഭവിക്കുന്നത് ഈ മനസ്സിൻ്റെ ഈ അതിരുകളെല്ലാം അങ്ങോട്ട് മാറിയിട്ട് പല മനസ്സുകളും ഒന്നായി ചേരുന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മളിതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരാൾ പറയുന്നു മറ്റുള്ളവർ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഭാവത്തിലല്ല നമ്മളിതിന്റെ മനനം ചെയ്യേണ്ടത് മറിച്ച് ഒരുമിച്ച് ഒരു മനസ്സായി ഒരു വിഷയത്തെ നമ്മൾ കൽപ്പിച്ചിരിക്കുന്ന പല മനസ്സുകൾ ഉൾക്കൊള്ളും എന്നുള്ള ഭാവത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സജീവമായ സാന്നിധ്യവും പങ്കാളിത്തവും ഈ ചർച്ചയിലുണ്ടാവണമെന്നർ അതെങ്ങനെ മനസ്സിലാകും എല്ലാവരും ചിന്തിക്കണം ഈ വിഷയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ മനനം സംശയമുള്ളിടത്തെ മനനോ സംശയങ്ങൾ വരും ആ സംശയങ്ങൾ പരിഹരിക്കണം അല്ലാതെ രാവിലെ വാച്ച് രാവിലെ ഇങ്ങനെ ഒരാള് ഈശാവാസി പുൻഷത്ത് പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു നമ്മൾ കുറച്ചുപേരവിടെ ചെന്നിരുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന് തന്നെ അതൊരു ക്ഷീണമല്ലേ എന്നൊന്നും വിചാരിച്ചാരും ഇവിടെ വന്നിരിക്കണ്ട ഒരു ക്ഷീണമില്ല ഞാൻ സാധാരണ ഒരാളിനെ വെച്ചാൽ പഠിപ്പിക്കുന്നു ഒരുപാട് ആൾക്കാർ വെച്ച് വെച്ചാൽ ചർച്ച ചെയ്യുന്നു അപ്പോ അങ്ങനെ വരുന്നുണ്ടെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഒരു സജീവമായ മാനസിക സാന്നിധ്യം ഉണ്ടാകുകയും അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ തന്നെ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യും ചിലപ്പോൾ പ്രധാനമായ പല കാര്യങ്ങളും വിട്ടുപോയെന്നിരിക്കും മനസ്സിന്റെ അനവധാനത ആർക്ക് സംഭവിക്കാം വിശദീകരിക്കേണ്ട കാര്യം വിശദീകരിക്കാതെ പോയെന്നു വരാം ചിലപ്പോൾ പറയുന്നതിൽ അശ്രദ്ധ കൊണ്ട് തെറ്റുകൾ സംഭവിച്ചെന്നു വരാം അപ്പോൾ അത് മറ്റ് എല്ലാവരുടെയും മനസ്സിൽ ഒരുപോലെ ഇതിനെക്കുറിച്ചുള്ള ചിന്ത നടക്കുകയാണെങ്കിൽ അതൊരു സജീവ ചർച്ചയായിട്ട് മാറും രാവിലെ ഒരു ഉറക്കം തൂങ്ങലിന്റെ ഭാഗമായിട്ടിത് പോവും അങ്ങനെ വരരുത് അതുകൊണ്ട് എല്ലാവരും ഇതിൽ സജീവമായി ഇന്നലത്തെ ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ അമുഖമായിട്ട് സമയം കളയാൻ വേണ്ടി ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും സജീവമായ ഒരു ചർച്ച ഇതിൽ എല്ലാവരും ഇത് പഠിക്കണം എന്നുവെച്ചാൽ ചിന്തിക്കണം പഠിക്കാന്ന് പറയുന്നത് ചിന്തിക്കാം എന്നുള്ള അർത്ഥത്തിലാണ് പിന്നെ അതിനെക്കുറിച്ച് ചോദ്യമൊക്കെ തയ്യാറാക്കണം കൂടി ചർച്ച ചെയ്യണം എന്നോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം അത് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു കൂടുതലും ഇതിനെ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നതെന്ന് ഞാൻ കൂടുതൽ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ആത്യന്തികമായിട്ട് നേരത്തെ പറഞ്ഞല്ലോ ആരെയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല മമ ബോധ വിശുദ്ധ നമ്മുടെ ആചാര്യന്മാർ പറയുന്നതാണ് എന്റെ ബോധത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് വേറെ ആരെങ്കിലും ബോധം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടില്ല ആർക്കും വേറൊരാൾക്ക് ബോധം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഒരാൾക്ക് വേറൊരാൾക്ക് ബോധമുണ്ടാക്കാൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തന്നിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്നെ നന്നായിപ്പോയി അപ്പോൾ ആർക്കും വേറൊരാൾക്ക് ബോധം പകർന്നു കൊടുക്കാനും ഉണ്ടാക്കി തരാനും പറ്റില്ല മമബോധവിശുദ്ധി അവനവന്റെ ബോധത്തിന്റെ വിശുദ്ധി അവനവനിൽ തന്നെ സംഭവിക്കുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ചർച്ച എന്ന് പറയുന്നത് അപ്പൊ അതിന് സജീവമായിരിക്കണം നമ്മുടെ മനസ്സ് ഇന്ദ്രിയങ്ങളുമെല്ലാം അത് തുടർന്നു വരുന്ന ആ ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എനിക്ക് തന്നെ ചിലപ്പോ ഒരു ഇങ്ങനെ വന്ന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും സ്വയം ഒരു ജാള്യതോന്നു കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ എന്താ പുതിയ കാര്യം പറയുന്നു പലപ്പോഴും ഈ വിഷയം ചർച്ച ചെയ്തോണ്ടിരിക്കും കാരണം ഇത് ആർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യങ്ങളല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യും നമ്മുടെ മനസ്സിൽ തോന്നുന്ന നമ്മൾ ആരെയും തോന്നുന്നു ബോധവത്കരിക്കാൻ ശ്രമിക്കുന്നു തോന്നുന്നുണ്ടെങ്കിൽ അത് തന്നെ ആരും ആരെയും ബോധവൽക്കരിക്കുന്നത് എല്ലാവർക്കും കാര്യങ്ങളെല്ലാം അറിയാം എല്ലാവരും അറിവും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് പിന്നെ ആര് മറ്റൊരാളെ ബോധവത്കരിക്കുന്നു അത് സംഭവിക്കുന്നില്ല ഒരുപക്ഷെ എന്തെങ്കിലും നിമിത്തങ്ങൾ ബാഹ്യമായി സ്വീകരിച്ചെന്ന് വരാം പക്ഷെ അറിവ് ഉള്ളിൽ നിന്ന് തന്നെയാണ് പ്രകാശിക്കുന്നത് അതുകൊണ്ടാണ് ചിലപ്പോ ആചാര്യന്മാരെല്ലാം ശാസ്ത്രയും മറ്റും നിഷേധിക്കുന്നത് അതിന്റെ താല്പര്യതാണ് അറിവ് ഉള്ളിൽ നിന്ന് പ്രകാശിക്കുക അല്ലാതെ പുറമേ നിന്ന് ഉള്ളിലേക്ക് ഒരു അറിവിനെ കടത്തിവിടുന്നു ഭക്ഷണപാനീയങ്ങളാണ് നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത് അങ്ങനെ കടത്തിവിടുന്നോണ്ട് തന്നെ അത് പുറത്ത് പോവുകയും ചെയ്യും അറിവ് അങ്ങനെയാണ് ഉള്ളിലേക്ക് കടത്തി വിടാനും പറ്റില്ല ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടന്നു പോകാനും വഴിയില്ല മറിച്ചെന്താണ് അത് സ്വയം പ്രകാശിച്ചിരിക്കുകയാണ് ഉള്ളിൽ സ്വയം പ്രകാശിക്കുന്ന നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന അതിന് ഇതെല്ലാം ചില ബാഹ്യമായ നിമിത്തങ്ങൾ മാത്രം അതുകൊണ്ട് നമുക്ക് വേറെ ആളുടെ മുമ്പിൽ ചെന്ന് അറിവ് അങ്ങോട്ട് പ്രസംഗിക്കാൻ ഒക്കത്തില്ല അങ്ങനെ പ്രസംഗിക്കുന്നു കരു പറഞ്ഞത് അബദ്ധമാണ് അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് ആത്മാവിഷ്കാരം എന്ന് പറയുന്നത് യശുമാരെ ആരാ പഠിപ്പിച്ചത് ഈശാവാസി ഉപനിഷത്ത് ഈ മന്ത്രം പറഞ്ഞ ഈ മഹർഷിയെ ആരാ ഇത് പഠിപ്പിച്ചത് ഈ മന്ത്രം രും പഠിപ്പിച്ചതല്ല കാശിയുടെ അന്തരാത്മാവിൽ നിന്നും നിർഗമിച്ചതാണ് അതാണ് യഥാർത്ഥത്തിലുള്ള അറിവ് യഥാർത്ഥത്തിലുള്ള അറിവ് അങ്ങനെ വരത്തത് അങ്ങനെ വരുന്നതാണ് യഥാർത്ഥത്തിലുള്ള അറിവ് മറ്റു നമ്മൾ കെട്ടിവെക്കുന്ന അറിവാണ് നമ്മുടെ തലയിലൊരു ഭാരമെടുക്കുന്നത് പോലെയുള്ള കുറച്ച് കഴിയുമ്പോൾ പെടലി വേദനിക്കും ശാസ്ത്രപാണ്ഡിത്യം ഭാഷികമായ പറയുന്നത് അങ്ങനെയാണ് നമ്മുടെ ഉദ്ദേശം അതല്ല നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള അറിവിനെ വെളിപ്പെടുത്തുകയാണ് അതാണ് മനനം കൊണ്ട് ആ ഒരു ഇതിനാണ് അതിന് നമ്മളുടെ മനസ്സ് വളരെ സജീവമായിരിക്കും നമ്മുടെ അന്ധക്കണ്ണത്തിന്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണ് മനസാന്നിധ്യം എന്ന് പറയുന്നു അപ്പം നമ്മൾ ഉന്മേഷരഹിതമായിരുന്ന ഉറക്കഭൂമി ഇരുന്ന് കഴിഞ്ഞാൽ അത് സംഭവിക്കത്തില്ല അതുകൊണ്ട് അതാണ് തുടർന്ന് വരുന്ന ചർച്ചകളിൽ ഞാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും ശരിക്കും ഇവിടെ എല്ലാ ഉപനിഷത്തുകൾക്കും ഉള്ളതുപോലെ തന്നെ ആദ്യം വരുന്ന ഒരു ശാന്തി പാഠം വിദിനമുണ്ട് ശാന്തി പാഠം അത് കഴിഞ്ഞിട്ടാണ് ഉപനിഷത്ത് തുടങ്ങുന്നത് ഈശാവാസി ഉപനിഷത്ത് ഈശാവാസ്യം എന്ന് പറഞ്ഞ് തുടങ്ങുന്നതുകൊണ്ടാണ് ഇതിന് ഈശാവാസ്യം എന്ന് പറഞ്ഞ പേരുണ്ടായത് ഈശാവാസ്യം ഇതം സർവമെന്നാണ് ആദ്യത്തെ മന്ത്രം തുടങ്ങുന്നത് അതുകൊണ്ട് ഈശാവാസി ഉപനിഷത്ത് ആ പദങ്ങളെ ചേർത്തുകൊണ്ട് അതിന് പേരും വന്നു ഈശാവാസി ഉപനിഷത്ത് എന്ന് വന്നു ഇത് വേദങ്ങളിൽ ചില ഭാഗങ്ങളെ അംഗീകരിക്കാത്തവരുണ്ട് നമ്മൾ പൊതുവെ വേദമെന്ന് പറയുന്നതും വേദങ്ങളുടെ ചില ഭാഗങ്ങളെ ചിലർ അംഗീകരിക്കുന്നില്ല അതായത് ഈ സനാതനധർമ്മവിശ്വാസികൾ തന്നെ പക്ഷെ ഈശാവശ്യവംശത്തെ സർവരും അംഗീകരിക്കുന്നതു സംഹിതാഭാഗത്ത് വേദത്തിൽ സംഹിതാഭാഗത്ത് വരുന്നതുകൊണ്ട് ഇതിനെല്ലാ സനാതന വിശ്വാസികൾ ഇതിനെ അംഗീകരിക്കുന്നുണ്ട് അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് ഈശാവാസ്യം എന്ന് തുടങ്ങുന്നത് കൊണ്ട് ഇതിന് ഈശാവാസ്യ ഉപനിഷത്ത് എന്നുള്ള പേര് വന്നു അതിന്റെ ശാന്തിമന്ത്രം ഇത് വളരെ പ്രസിദ്ധമായ മന്ത്രമാണ് പൂർണ്ണമതഹ പൂർണ്ണമിതം എല്ലാവർക്കും അറിയാവുന്ന മന്ത്രമാണ് ഇതും ഈ ശാന്തിമന്ത്രം ശരിക്കും പൂർണ്ണമായ ഒരു അനുഭൂതിയുടെ ആവിഷ്കാരമാണ് നേരത്തെ പറഞ്ഞ് മന്ത്രമാർ എഴുതിയതല്ല മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി ഉപദേശിച്ചതല്ല കേവലമായ ഒരു ആവിഷ്കാരമാണത് ഇപ്പം നമ്മൾ വെറുതെയിരിക്കുന്നു മനസ്സിന് നല്ല ഉല്ലാസമുണ്ട് സന്തോഷമുണ്ട് അങ്ങനെയിരിക്കുമ്പോൾ സാധാരണ മനുഷ്യൻ ചെയ്യുന്നതാണ് മൂളിപ്പാട്ടുകൾ മൂളിപ്പാട്ട് യുപൻഷത്തുകൾ എന്ന് പറയുന്നതെല്ലാം ഋഷിമാരുടെ മൂളിപ്പാട്ടുകളാണ് ആ പാട്ട് നമ്മൾ ആരെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടി പാടുന്നതല്ല നമ്മളും പ്രത്യേകിച്ച് അതിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് നമ്മളൊരു സന്തോഷ പ്രകടനം നമ്മളറിയാതെ തന്നെ നടക്കുന്നതാണ് അതുപോലെ ഋഷിമാർ അവർ തന്നെ അറിയാതെ അവർ സംഭവിച്ച മൂളിപ്പാട്ടുകളാണ് യുവൻഷത്തുകളെല്ലാം പ്രത്യേകിച്ചാൻ ഉദ്ദേശമൊന്നുമില്ല എന്നാൽ അത് തീർച്ച സ്വദേശ്യമാണ് പക്ഷെ അതിലുള്ള അതിൽ ആന്തരികമായ ആത്മാനുഭൂതി വാക്കുകളിലൂടെ എത്രമാത്രം പ്രകാശിപ്പിക്കാം അത്രമാത്രം പ്രകാശിപ്പിക്കുന്നുണ്ട് അതിനേറ്റവും പറ്റിയൊരു ഉദാഹരണമാണ് ഈ പൂർണ്ണമത പൂർണ്ണമിതം പൂർണം ഉതച്ചത് പദം പിരിച്ചാണ് വായിക്കുന്നത് ശ്രദ്ധിച്ചോണം പൂർണ്ണസ്യ പൂർണ്ണം ആദായ പൂർണ്ണം ഏവ അവശിഷ്യത്തെ എന്ന് പറയും നീ മന്ത്രം അത്ര വ്യാഖ്യാനിക്കാൻ വൈഷമ്യമുള്ളതെന്നല്ല ഈ മന്ത്രം പക്ഷെ ഉപനിഷത്ത് മന്ത്രങ്ങൾക്ക് പൊതുവേ ഉള്ള ഒരു രഹസ്യ സ്വഭാവം ഇതിനു ഉപനിഷത്ത് എന്ന് പറയുന്ന പദത്തിന് അർത്ഥം തന്നെയുണ്ട് രഹസ്യം എന്നർത്ഥമാണ് പദത്തിന്റെ ഒരു അർത്ഥമാണ് രഹസ്യം ഉപനിഷത്ത് എന്ന് പറയുന്ന മന്ത്ര പദത്തിന്റെ അർത്ഥം ഭാഷയത്തിൽ തന്നെ വിശദീകരിക്കും ആത്മവിദ്യ എന്നുള്ള അർത്ഥം അതൊക്കെ വിശദീകരിച്ചു പൊതുവേ അതിനൊരു അർത്ഥമുണ്ട് ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ സംസ്കൃത ഭാഷയിലെ രഹസ്യം എന്നുള്ള അർത്ഥമുണ്ട് ഈ മന്ത്രങ്ങൾക്കെല്ലാം ഒരു രഹസ്യ സ്വഭാവമുണ്ട് രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താണ് രഹസ് എന്ന് പറയുന്നൊരു സംസ്കൃത ശബ്ദമാണ് രഹസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഏകാന്തം എന്നാണ് രഹസ് എന്ന് പറയുന്ന അർത്ഥം രഹ എന്ന് പറയുന്നത് രഹസ് രഹസ്യം എന്ന് പറഞ്ഞപ്പോ എന്തായി ഏകാന്തത്തിൽ സംഭവിക്കുന്നത് രഹസ്യഭവം ഏകാന്തത്തിൽ സംഭവിക്കുന്ന അപ്പോ ഉപനിഷത്തുകൾക്ക് ഒരു രഹസ്യ സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞ അർത്ഥം മറ്റുള്ളവരാരും അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും രഹസ്യകാര്യമൊന്നും വേണ്ട മനസ്സ് ഏകാന്തത്തിൽ സംഭവിക്കുന്നതാണ് അപ്പോ ഏകാന്തത്തിൽ സംഭവിക്കുന്നത് എന്നേ അങ്ങനർത്ഥമുള്ളൂ അപ്പോൾ ഉപനിഷത്ത് എന്ന് പറയുന്നത് ഏകാന്തത്തിൽ സംഭവിച്ചതാണ് ഏകാന്തത്തിൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ മറ്റാരും ഇല്ലാതിരുന്ന ഒരു സ്ഥലത്ത് ഇരുന്ന ഒരാളിൽ സംഭവിച്ചതെന്നുള്ളതാണ് അല്ല ഏകാന്തത എന്ന് പറയുന്നത് എന്താണ് ഏകമായ അന്തം ഏകാന്തം മനസ്സിന് സംഭവിക്കുന്നതാണ് ഏകാന്തത ആ അവസ്ഥയാണ് ഏകാന്തത്തിന്റെ അവസ്ഥ ഏകാന്തത എന്ന് പറയുന്നത് അന്തം അതായത് നമ്മുടെ മനസ്സിന് ഇപ്പം മനസ്സിന്റെ അന്തം എന്ന് പറയുന്ന എന്താണ് ചിന്തിച്ചിട്ടുണ്ടോ മനസ്സിന്റെ അന്തം എന്ന് പറയുന്ന വിഷയമാണ് അങ്ങനെയാണ് മനസ്സിന്റെ അന്തം എന്ന് പറയുന്നത് അന്താണ് അങ്ങനെ അർത്ഥം പറയുന്നത് അതായത് നമ്മുടെ മനസ്സ് ഒരു വിഷയത്തെ കൂടാതെ നീക്കത്തില്ല ഏതെങ്കിലും ഓരോ വിഷയത്തോട് ചേർന്നേ മനസ്സിന് നീക്കാൻ പറ്റും ഞാനിപ്പോൾ എന്റെ മുമ്പിലിരിക്കുന്ന വാച്ചിനെ കാണുന്നു എന്ന് വെച്ചാൽ എന്റെ മനസ്സ് ആ വാച്ചിൽ പോയി നിൽക്കുകയാണ് അപ്പം മനസ്സിന്റെ അറ്റത്തെന്തിരിക്കുന്നു വാച്ചിരിക്കുന്നു അപ്പം മനസ്സെവിടെ ചെന്ന് അവസാനിച്ചിരിക്കുന്നു വാച്ചിൽ പോയി അവസാനിച്ചിരിക്കുന്നു അപ്പം മനസ്സിന്റെ അന്തം അവസാനമായി വാച്ച് വിഷയം ഏകാന്തം മനസ്സിന്റെ അന്തമായിരിക്കുന്നത് സാധാരണ വിഷയമാണ് നമ്മുടെ മനസ്സിന്റെ പ്രത്യേകത എന്താണ് അനേകാന്തമാണ് അനേകമായ അന്തത്തോടു കൂടിയിരിക്കുന്നു എന്ന് വെച്ചാൽ അനേകമായ വിഷയങ്ങളോടുകൂടിയിരിക്കുന്നു അത് മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ് ഞാനിപ്പോൾ ഓരോ വിഷയങ്ങൾ എന്റെ മനസ്സിൽ കടന്നു വരുന്നു എന്ന് വെച്ചാൽ മനസ്സിന് ഓരോ അന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം ഇപ്പോൾ അതാ വാച്ചിനെ കുറിച്ച് ചിന്തിച്ച് ഉടൻ മൈക്കിനെ കുറിച്ചായി പുസ്തകത്തെക്കുറിച്ചായി ഇവിടെ ഇരിക്കുന്നവരെ കുറിച്ചായി ഞാൻ സംസാരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചായി നിരന്തരം പ്രതീക്ഷണം എന്റെ മനസ്സ് ഓരോ വിഷയങ്ങളെ സ്വീകരിക്കുന്നു ഓരോ അന്തത്തോടുകൂടിയിരിക്കുന്നു മനസ്സ് അനേകാന്തമാണ് മനസ്സ് മനസ്സിന്റെ സ്വഭാവം അതാണ് പക്ഷെ ഋഷിയുടെ മനസ്സെന്ന് പറയുന്നത് എന്തായാലും ഏകാന്തമായി എന്നുവെച്ചാൽ ഒരന്തമായി മനസ്സ് എന്തുകൊണ്ട് നമ്മുടെ മനസ്സ് ഏകാന്തമാകുന്നില്ല കാരണം നമ്മുടെ മുന്നിലുള്ള വിഷയങ്ങൾ അനേകമായതുകൊണ്ടാണ് അനേക വിഷയങ്ങളുള്ളപ്പോൾ മനസ്സ് അനേകാന്തമായിരിക്കും അതേസമയം വിഷയം ഒന്നായി കഴിഞ്ഞാൽ മനസ്സ് ഏകാന്തമാകും അവിടെ ഏകം ആകുന്നു മനസ്സിന്റെ വിഷയം അപ്പൊ അവിടെ ഏകമായിരിക്കുന്ന എന്താണ് നമുക്കറിയാം ആത്മാവ് തന്നെ ആത്മാവാകുന്ന ഏകം അത് വിഷയമായി തീരുമ്പോൾ മനസ്സത് ഏകാന്തമാകും രഹസ് എന്ന് പറയുന്നത് ശബ്ദത്തിന്റെ അർത്ഥത്തെയാണ് ഞാൻ വ്യാഖ്യാനിക്കുന്നത് രഹസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ് ഏകാന്തം രഹസ്യം ഏകാന്തത അപ്പോൾ മനസ്സിനു ഏകമായ വിഷയം മാത്രമായി തീരുന്നതാണ് ഏകാന്തം എന്ന് പറയുന്നത് അപ്പൊ മുനിയുടെ മനസ്സ് അല്ല ഏകാന്തത എന്താണെന്നിപ്പോൾ പ്രീട്ടിയിരിക്കുകയാണ് ആത്മാവ് മാത്രം വിഷയമായിരിക്കുന്ന അവസ്ഥ ആ ഏകാന്തത്തിൽ സംഭവിക്കുന്നത് രഹസ്യത്തിൽ സംഭവിക്കുന്നത് മനസ്സിന്റെ വിഷയം ആത്മാവ് മാത്രമായി തീരുമ്പോൾ സംഭവിക്കുന്നതിനാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത് അതാണ് ഉപനിഷത്ത് മന്ത്രങ്ങൾ അതായത് മുനിയുടെ മനസ്സ് ഏകാന്തമായി ആത്മാവ് മാത്രം വിഷയമായി ആത്മാവിനെ മാത്രം വിഷയമാക്കിയ കഴിഞ്ഞപ്പോൾ പിന്നെ സംഭവിച്ചതാണ് ഉപനിഷത്ത് ഈശാവാസ്യം തുടങ്ങിയ ഉപനിഷത്തുകൾ അതുകൊണ്ടാണ് ഉപനിഷത്തിന് രഹസ്യം എന്നുള്ള അർത്ഥം വരുന്നത് രഹസ്യം ഏകാന്തം അതിൽ സംഭവിച്ചത് രഹസ്യം എന്ന് പറയുന്നു ഏകാഗ്രമായ മനസ്സിലൂടെ ഏകാന്തം എന്ന് പറഞ്ഞാലും ഏകാഗ്രം എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ് ഏകം അഗ്രം ഏകമായ അഗ്രം അഗ്രഹം എന്ന് പറഞ്ഞാൽ വിഷയം ഏകാന്തം എന്ന് പറയുന്നത് അന്തം എന്ന് പറഞ്ഞാലും വിഷയം ഏകാഗ്രം എന്ന് പറയുമ്പോഴും മനസ്സിന്റെ വിഷയം ഏകമായിരിക്കുന്നു മനസ്സിന്റെ അഗ്രത്തിലാണല്ലോ വിഷയം ഇരിക്കുന്നത് അവിടെയും ഏകാഗ്രമെന്ന് പറയുമ്പോഴും എന്ത് ചെയ്യുന്നു മുനിയുടെ ഏകാഗ്രമായ മനനം എന്ന് പറയുമ്പോൾ മുനിയുടെ മനസ്സ് ഏകാഗ്രമായി എന്ന് വെച്ചാൽ ആത്മാവിൽ മാത്രമായി നിൽക്കണം അപ്പൊ അവിടെ നിന്ന് ഉപനിഷത്ത് അങ്ങനെ പ്രകടമായതാണ് അങ്ങനെ പ്രകടമായതുകൊണ്ടാണ് ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മൂളിപ്പാട്ടാണ് ആത്മസല്ലാമെന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ മനസ് നിന്നും നമ്മുടെ ഉള്ളിൽ നിന്നും ഈ ഉപനിഷത്ത് നിർഗമിച്ചാൽ മാത്രമേ ഉപനിഷത്തിന്റെ താല്പര്യം നമുക്കും ഗ്രഹിക്കാൻ പറ്റൂ അതുപോലെ ഉപനിഷത്ത് നമ്മളെ സംബന്ധിച്ച് രഹസ്യമാണ് അല്ലെങ്കിൽ ഉപനിഷത്ത് നമുക്ക് ഉപനിഷത്തിന്റെ താല്പര്യം വെളിപ്പെടണമെങ്കിൽ നമ്മുടെയും മനസ്സ് ഏകാന്തം അല്ലെങ്കിൽ ഏകാഗ്രമാകണം എന്നാലേ ഇത് വെളിപ്പെടുത്തണം അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ വെളിപ്പെടുത്തണം അങ്ങനെ വെളിപ്പെട്ട ഒരു മന്ത്രമാണ് ഇവിടെ ശാന്തിപാഠമായി കൊടുത്തിരിക്കുന്നത് ഉപനിഷത് മന്ത്രം രഹസ്യമന്ത്രം അതാണ് പൂർണമത എന്ന് പറയുന്നത് ഇതിന്റെ രഹസ്യ സ്വഭാവം ഉണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞതാണ് ഇതുവരെ വിശദീകരിച്ചത് എന്റെ രഹസ്യ സ്വഭാവം എന്ന് പറയുന്നത് അതാണ് മനസ്സ് ആത്മാവിൽ മാത്രം ഉറച്ച ഒരു വിഷിയുടെ ഉള്ളിൽ നിന്നും പുറപ്പെട്ടു എന്നുള്ളതാണ് ഇതിന്റെ രഹസ്യ സ്വഭാവം അപ്പൊ ഇതിന് വിഷയമായിട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ ആത്മാവ് മാത്രം അതുകൊണ്ടാണ് ഇവിടെ ഒരു കാര്യം തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് പൂർണ്ണമത പൂർണമിതം പൂർണ്ണാ പൂർണ്ണ പുതച്ചിരി ഈ മന്ത്രത്തിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കണ്ടിട്ടുണ്ട് കാരണം ഏത് ശരി ഏത് തെറ്റൊന്നും നിർണ്ണയിക്കാൻ വയ്യാത്ത രീതിയിൽ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട വ്യാഖ്യാനങ്ങളാണ് പക്ഷെ എല്ലാത്തിൻ്റെയും താല്പര്യം പല കാഴ്ചപ്പാടുകളിലൂടെ വ്യാഖ്യാനിക്കുന്നേ ഉള്ളൂ അങ്ങനെ പൊതുവായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു വ്യാഖ്യാനം പറഞ്ഞു കഴിഞ്ഞാൽ അധ പൂർണം എന്നാണ് പൂർണം അധഹ എന്നാണ് നമ്മൾ സാധാരണ വായിക്കുമ്പോൾ പൂർണ്ണം മതഹ എന്നാണ് പൂർണത്തെ അങ്ങ് മാറ്റും പിന്നെ മതയെ വേറെ എടുക്കും മതം മതമല്ല അധഹ എന്നാണ് പൂർണം അധഹ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ നിരന്തരം ചൊല്ലുന്ന ഒരു ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ പൂർണ്ണ മതഹ മതം പൂർണ്ണമാണെന്നാണ് എനിക്ക് എന്നുവെച്ചാൽ ഞാൻ ഉപൻഷത്തൊക്കെ പഠിച്ചു കഴിഞ്ഞു അതിന്റെ മതം എന്നിൽ പൂർണമാണെന്ന് അങ്ങനെ ചൊല്ലുന്നേ തെറ്റില്ല പഠിച്ചിട്ടല്ലേ പൂർണം ചേർത്ത് വായിക്കുമ്പോൾ പൂർണ്ണമതന്ന് ചൊല്ലുന്നേ തെറ്റില്ല പൂർണ്ണമത നമ്മൾ ചൊല്ലുമ്പോൾ അങ്ങനെ ഒരുമിച്ചങ്ങ് വരും പൂർണ്ണമത പക്ഷേ അതിന്റെ പിന്നെ നമുക്കൊരു ഗുണമുണ്ട് നമ്മൾ ഇതിന്റെ അർത്ഥം ചിന്തിക്കില്ല അതുകൊണ്ട് കുഴപ്പമില്ല ചിന്തിക്കുന്നവരെ കുറിച്ച് പറയുകയാണ് പൂർണ്ണം മതഹ എന്ന് ചിന്തിച്ചിട്ടെ അധഹ പൂർണം എന്നെ ചിന്തിക്കുന്നു അതശബ്ദം സംസ്കൃതത്തിൽ നമ്മളെല്ലാം കേട്ടിരിക്കുന്നു സംസ്കാരം കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ള അധ അമോ അമോ നീ എന്നൊക്കെ പറയുന്ന ശബ്ദം അസൌ എന്ന് പറയുന്ന ശബ്ദം അധഹ അത് ഇപ്രകൃഷ്ടമായ ദൂരെയുള്ള പൊളിഞ്ഞിരിക്കുന്ന വിപ്രകൃഷ്ടം വ്യവഹിതമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് സാധാരണ ഉപയോഗിക്കുന്ന ശബ്ദമാണ് അധഹ അത നമ്മുടെ തത്വമസിരത്തു പറയുന്ന ശബ്ദം ഉപയോഗിക്കാൻ അതുപോലെ ഉപയോഗിക്കുന്ന ശബ്ദമാണ് അധ ശബ്ദം തത്ത് എന്ന് പറയുന്ന ശബ് പൊതുവെ മറഞ്ഞിരിക്കുന്നതിന് ഭാഷയിൽ ഭാഷാപരമായി നോക്കുമ്പോൾ അതസ് എന്ന് പറയുന്നത് ദൂരെയുള്ളതിനെ കാണിക്കാനും ഉപയോഗിക്കുന്ന അത ശബ്ദം അധ പൂർണം എന്നാണ് ഇവിടെ ആദ്യം പറയുന്നത് അത് പൂർണമാണ് എന്ന് മലയാളത്തിൽ പറയാം അത് പൂർണമാണ് എന്നാണ് അത് വ്യക്തമാണ് അത് എന്ന് പറയുന്ന എന്നാണെന്ന് നമുക്കറിയാമല്ലോ പൊതുവിപൻഷത്തിലും വരുന്ന രണ്ട് ശബ്ദങ്ങളാണ് തത് ത്വം അധ ഇതം ഈ രണ്ട് ശബ്ദങ്ങൾ അതില് ത്വം ഇതം ഈ രണ്ട് ശബ്ദങ്ങളും പൊതുവെ ഉപയോഗിക്കുന്നത് ജീവന്മാരെ പ്രപഞ്ചത്തെക്കുറിച്ചും പറയാൻ വേണ്ടിയിട്ടാണ് അധഹ തത് ഈ രണ്ട് ശബ്ദങ്ങളും ഉപയോഗിക്കുന്നത് ഈശ്വരനെ കുറിച്ച് പറയാൻ വേണ്ടി പരമാത്മാവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അത് എവിടെ വന്നാലും നമുക്ക് അങ്ങനെ ധരിക്കാം തത് അസി തത് ഈശ്വരൻ തും നീ അതഹ ഇതം അടുത്ത് നീ പറയും ഇവിടെ തന്നെ ഇതം പൂർണം മന്ത്രത്തിൽ പറയും ഈശാവാസ്യം ഇതം സർവം ഇതം ഇതം എന്ന് പറയുന്നത് ി പറഞ്ഞാൽ പ്രപഞ്ചത്തെ കുറിച്ച് പറയാൻ ശബ്ദമാണ് അധഹന്ന് പറഞ്ഞു ഈശ്വരനെ കുറിച്ച് പറയാനും അതുകൊണ്ട് അധ പൂർണം എന്ന് പറഞ്ഞാൽ സ്പഷ്ടമാണ് ഈശ്വരൻ പൂർണനാണ് വെച്ചാൽ ഈശ്വരന് യാതൊരു തരത്തിലുള്ള ന്യൂനതകളുമില്ല യാതൊരു തരത്തിലുള്ള പരിമിതികളുമില്ല യാതൊരു തരത്തിലുള്ള പരിച്ഛത്തി പരിച്ഛേദവും അത് പരിച്ഛിന്നമല്ല പൂർണമാണ് എന്നർത്ഥം സാധാരണ പൂർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറഞ്ഞിരിക്കുന്നതാണ് അർത്ഥം സാധാരണ ഭാഷ പറഞ്ഞു നിറഞ്ഞിരിക്കുന്നത് നിറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുറവും കൂടാതെ ഇരിക്കുക എന്നർത്ഥം അപ്പൊ ആ അർത്ഥത്തിൽ നോക്കിയാലും പൂർണ്ണമെന്ന് പറഞ്ഞാൽ ഒരു കുറവും ഇല്ലാത്തവൻ എന്ന് തന്നെ ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചു വയ്ക്കുന്നു എന്നിട്ട് പറയും പാത്രത്തിൽ പൂർണമായും വെള്ളമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിറഞ്ഞിരിക്കുന്നു എന്നാണ് വെള്ളം അപ്പൊ നിറഞ്ഞിരിക്കുക എന്നുള്ളൊരു അർത്ഥമുണ്ട് പൂർണ്ണശബ്ദത്തിന് അതുകൊണ്ട് തന്നെ പൂർണ്ണശബ്ദത്തിന് സംസ്കൃതത്തിൽ വ്യാപകം എന്നർത്ഥം പറയും പൂർണ്ണം എന്ന് വ്യാപകം സർവത്ര വ്യാപിച്ചിരിക്കുന്നത് എന്നർത്ഥം പറയാം അപ്പൊ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന അർത്ഥം തന്നെ എന്ന് പറഞ്ഞാൽ ആ ഈശ്വരൻ സർവത്ര വ്യാപിച്ചിരിക്കുന്നു എന്നർത്ഥം പക്ഷെ വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ദോഷം വരും എങ്ങനെ വ്യാപിച്ച് ഒരു വസ്തു വ്യാപിച്ചിരിക്കണമെങ്കിൽ രണ്ട് വസ്തു വേണം വ്യാപിക്കാൻ ഒരിടവും വ്യാപിക്കുന്ന വസ്തു രണ്ടും വേണം എന്നാലും ഒന്നിനെ നമുക്ക് വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയാൻ പറ്റും ഇപ്പം പറയണം ഇവിടെയെല്ലാം സുഗന്ധം വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഗന്ധം വ്യാപിക്കുന്നതിനൊരു വായുമണ്ഡലം വേണം ആ വായുമണ്ഡലത്തിൽ സുഗന്ധം വ്യാപിക്കുന്നു ഇപ്പം വ്യാപിക്കുക എന്ന് പറയുമ്പോൾ അവിടെ രണ്ടുണ്ടെങ്കിലേ വ്യാപനം നടക്കത്തുള്ളൂ വ്യാപിക്കാൻ ഒരു പ്രതലം ഒരു തലം വേണം വ്യാപിക്കുന്ന വസ്തു വേണം അപ്പൊ ഈശ്വരൻ സർവത്ര വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശ്വരൻ അല്ലാതെ മറ്റെന്തോ ഒരു വസ്തു കൊണ്ട് അതിൽ ഈശ്വരൻ വ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ധാരണ വന്നു പോകും അത് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചോളൂ അല്ലെങ്കിൽ കുഴപ്പമില്ല ഈശ്വരൻ വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ അപ്പൊ ചോദിച്ച ഈശ്വരൻ എവിടെ വ്യാപിച്ചിരിക്കുന്നു അപ്പൊ വ്യാപിക്കാനുള്ള ഒരു ആധാരം വേറെയുണ്ടോ എന്ന് ചിന്തിക്കും അതുകൊണ്ട് ഇവിടെ വ്യാപകം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് പറയുന്നത് അദ്വൈതികൾ പറയുന്നത് എന്താണ് പൂർണം എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിക്കുന്നത് എന്നാണ് വ്യാപകം എന്ന് പറഞ്ഞു അദ്വൈതത്തിൽ അതിൽ ഈശ്വര തത്വത്തെക്കുറിച്ച് വ്യാപിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ട ആത്യന്തികമായ അർത്ഥം ഇതാണെന്താണ് സ്വയം പ്രകാശിക്കുന്നു എന്നാണ് എന്റെ അർത്ഥം സ്വയം വിളങ്ങി നിൽക്കുന്നു എന്നർത്ഥം എന്ന് വെച്ചാൽ അതിന് മറ്റൊന്നിന്റെ ആശ്രയമില്ലാതെ മറ്റൊരാധാരമില്ലാതെ സ്വയം പ്രകാശിച്ചിരിക്കുന്നു എന്നർത്ഥം അതാണ് പൂർണ്ണം എന്ന് പറഞ്ഞതിന്റെ വാക്കുകൊണ്ട് പറയാമെന്നുള്ളതിന്റെ പരമമായ അർത്ഥം അപ്പൊ അധ പൂർണം എന്ന് പറഞ്ഞപ്പോ എന്തായി ഈശ്വരൻ സ്വയം വിളങ്ങി നിൽക്കുന്നു സ്വയം പ്രകാശിച്ചു നിൽക്കുന്നു നിരപേക്ഷമായി സ്വയം ജ്യോതിസായി പ്രകാശിച്ചു നിൽക്കുന്നു എന്നാണ് അതിനപ്പുറം നമുക്കതിനെ കുറിച്ചൊരു അർത്ഥം പറയാൻ പറ്റത്തില്ല മറ്റർത്ഥങ്ങൾ പറയുമ്പതിനുള്ള പരിമിതികളെല്ലാം നമ്മൾ ചിന്തിച്ച് ഒഴിവാക്കിക്കഴിഞ്ഞാൽ അവസാന ഈ ഒരു അർത്ഥം കിട്ടും അത ഈശ്വരൻ പരമാത്മാവ് അല്ലെങ്കിൽ പരബ്രഹ്മം പൂർണനാണ് നിരപേക്ഷമായി യാതൊരു ഉപാധികളും കൂടാതെ മറ്റു യാതൊരു ആശ്രയവും ഇല്ലാതെ മറ്റൊരു അധിഷ്ഠാനമോ മറ്റൊരാധാരമോ കൂടാതെ സ്വയം പ്രകാശിച്ചു നിൽക്കുകയാണ് അതിനേയും വേണമെങ്കിൽ നമുക്ക് വിശദീകരിക്കാം കാരണം അത് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുള്ളതാണ് അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് അന്നല്ലേ പ്രകാശിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വരുന്ന എന്താണ് പ്രകാശമാണ് ജഡപ്രകാശം സൂര്യന്റെയും ചന്ദ്രന്റെയും ടൂവിന്റെയും ഒക്കെ പ്രകാശമാണ് വരുന്നത് അപ്പൊ പ്രകാശത്തെക്കുറിച്ച് നമുക്ക് അത്രയും നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റും ഇവിടെ അദ്വൈതത്തിൽ അല്ലെങ്കിൽ വേദാന്തത്തിൽ പ്രകാശമെന്ന് പറഞ്ഞാൽ ആ ഒരു സങ്കല്പം കൊണ്ട് പ്രയോജനമുണ്ട് കാരണം ഈ പ്രകാശം എന്ന് പറയുന്ന ജഡമാണ് ഭൗതികമാണ് ഈ പ്രകാശം എന്ന് പറയുന്നത് സൂര്യന്റെ പ്രകാശമായതിനനുസരിച്ച് അതുപോലെ ഇതുപോലെ പ്രകാശിക്കുന്ന ഒരു പ്രകാശമാണോ നാപ്പത് പാട്ട് അല്ലെങ്കിൽ ആയിരം ലക്ഷം വാട്ടുള്ള ഒരു പ്രകാശമാണോ ഈശ്വരൻ പ്രകാശത്തെക്കുറിച്ച് സങ്കല്പിച്ചാൽ നമുക്ക് അങ്ങനെയുണ്ട് പ്രകാശി സങ്കല്പിക്കാൻ പറ്റും അപ്പൊ പ്രകാശം എന്ന് പറയുന്ന ഉപമയിലൂടെ ഈശ്വര തത്വത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം താരതമ്യ പ്രകാശത്തിന്റെ താരതമ്യം ചെയ്യാൻ വയ്യാത്തൊരു വലിയ പ്രകാശം എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണ് മഞ്ചിപ്പോകുന്ന ഒരു പ്രകാശം അതാണ് അങ്ങനെ ചിന്തിച്ചാലും അത് ജടപ്രകാശത്തിലേ നമ്മുടെ ബുദ്ധി നികത്തുള്ളൂ അപ്പൊ പ്രകാശം എന്ന് പറയുന്നതിന് നമ്മളിവിടെ ഉപനിഷത്തിൽ ഉദ്ദേശിക്കുന്ന അർത്ഥം അതല്ല സസ്യഭാസം വിധം വിഭാതി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഉപനിഷൻ മന്ത്രം അവിടെ നിന്നും പ്രകാശം എന്ന് പറയുന്നതിന് നമ്മൾ മലയാള ഭാഷയിലോ അല്ലെങ്കിൽ സംസ്കൃത ഭാഷയിലോ പറയുന്ന പ്രകാശം എന്നുള്ള അർത്ഥമല്ല മറിച്ച് എന്താണ് അർത്ഥം പ്രകാശം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ് അർത്ഥം ബോധം എന്നാണ് അതിന്റെ അർത്ഥം ജഡപപ്രകാശം എന്നുള്ള അർത്ഥമല്ല അത് പ്രത്യേകിച്ച് അവിടെ പ്രകാശം എന്ന് പറയുന്നത് അറിവിന്റെ പര്യായമായിട്ട് ജ്ഞാനം ബോധം അറിവെന്നൊക്കെ പറയുന്ന പദങ്ങളുടെ പര്യായമായിട്ടാണ് ഉപയോഗിക്കുന്നത് എവിടെ പ്രകാശം എന്ന് പറയുന്ന ശബ്ദം കണ്ടാലും ഉടൻ ഇത് മനസ്സിൽ ഓർത്തോളണം നമ്മുടെ ചിന്താഗതിയൊക്കെ തെറ്റിപ്പോകും അപ്പൊ സ്വയം പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ താൽപ്പര്യം അറിവി ശുദ്ധ അറിവായി ശുദ്ധജ്ഞാനമായി നിൽക്കുന്നു ചിത് പ്രകാശം എന്ന് പറയുന്നത് ചിത്താകുന്ന പ്രകാശമായി നിൽക്കുന്നു നല്ലത് അപ്പോൾ പൂർണമെന്ന് പറയുന്നതിന്റെ ആശയം എവിടെ ചെന്നെത്തി പൂർണമെന്ന് വെച്ചാൽ നിറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വ്യാപിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിക്കുന്നത് ഒന്നുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തായി ശുദ്ധ ബോധസ്വരൂപത്ത് അറിവായി വിളങ്ങി നിൽക്കുന്നത് പ്രകാശിച്ചു നിൽക്കുന്നത് അതിനപ്പുറം നമുക്ക് ചിന്തിക്കാൻ പറ്റ അറിവിനകത്ത് കടന്ന് ചിന്തിക്കാൻ ഒക്കത്തില്ല ശുദ്ധ അറിവായി ബോധസ്വരൂപത്തിൽ നിൽക്കുന്നു അധഹ ഈശ്വരൻ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ സച്ചിതാനന്ദം ബ്രഹ്മ വിജ്ഞാനം ആനന്ദം ബ്രഹ്മ എന്നെല്ലാം പറയുന്നതിന്റെ വ്യാഖ്യാനം ഇതിന്റെ വ്യാഖ്യാനമാണത് അല്ലെങ്കിൽ അതിന്റെ വ്യാഖ്യാനമാണ് ഇത് എങ്ങനെ വേണോ എടുക്കാം അതാണ് പൂർണ്ണമതഹ എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനം ഇനി ഇതിനപ്പുറം ആർക്കെങ്കിലും വ്യാഖ്യാനിക്കാൻ ഉണ്ടെങ്കിൽ വ്യാഖ്യാനിക്കുക എനിക്കൊന്ന് കേട്ടാൽ കൊള്ളാം പലതരത്തിലും വ്യാഖ്യാനിക്കാം എന്നുവെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം വിശദീകരിക്കാവുന്നവർ അധപൂർണം ഐശ്വര തത്വം ജ്ഞാനസ്വരൂപമായി നിരപേക്ഷമായി പരാപേക്ഷ കൂടാതെ പ്രകാശിച്ചു നിൽക്കുന്നു എന്നാണ് അതാണ് പൂർണമത എന്ന് പറയുന്നതിന്റെ ലഘുവായ ശരളമായ വ്യാഖ്യാനം ബാക്കി നമ്മൾ അടുത്ത് ചർച്ചയിൽ നമ്മൾ ചർച്ച ചെയ്യും അപ്പം എല്ലാവരും ഒന്ന് ചിന്തിച്ച് രണം നമ്മൾ ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ് പൂർണ്ണ പൂർണ്ണമേ പൂർണ്ണം പൂർണമാതായ പൂർണ്ണമേവാശിഷ്യ ം ശി ശാന് ശാന് ഓ ശ്രീകൃഷോ നമു